നിങ്ങൾ ഏതു കാര്യത്തിലായാലും അതിൽ നിന്ന് നിങ്ങൾ കുർആാൻ പാരായണം ചെയ്താലും ഏതൊരു കർമ്മം ചെയ്താലും നിങ്ങൾ അതിൽ മുഴുകിയിരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് സാക്ഷികളായിരിക്കും ഭൂമിയിലോ ആകാശത്തിലോ ഒരണുപോലും നിന്റെ രക്ഷിതാവിങ്ങൾ മറയുകയില്ല അതിനേക്കാൾ ചെറുതോ വലുതോ ആയ യാതൊന്നും വ്യക്തമായൊരു ഗ്രന്ഥത്തിലല്ലാതെ രേഖപ്പെടുത്തപ്പെടാതെ പോവുകയുമില്ല